ശ്രമപേസമു സേതിദ്ധസ്വേന്ദനന്ദാഗ്മീശ്വരീ ശിവസമാനംഭാ ശുദ്ധ സഹേരമ്പ ശ്രീ ശ്രീ വരണ ആ ഭഗവത് പാദ ശങ്കരം ലോക ശങ്കരം ശങ്കരം സങ്കരഹരാൻ കേശവം ബാധരാശേ പുന ഈശ്വര ഗുരുരാ മൂർത്തി ഭേദവി ഭാവി നമുക്ക് ഹായ ദക്ഷിണമൂർത്തേ നമ ക്ഷരം ഉദ്ഗീധം ഉപാസീതം ക്ഷരം ഉദ്ഗീതം ഉപാസീത ഓമിത്യദക്ഷരം പരമാത്മനോ അഭിദാനം നേദിഷ്ടം ഓം എന്നുള്ള അക്ഷരം ഇത് ഉദ്ഗീതമാണ് ഇതിനെ ഉപാസിക്കണം അതാണ് സന്തോഷത്തിൽ തുടങ്ങുന്നത് ഉദ്ഗീത ഉപാസന എന്ന് ഗീതം എന്ന് പറയുന്നത് ഉദ്ഗാതാവ് ചൊല്ലുന്ന മന്ത്രങ്ങളാണ് യാഗത്തിലെ വൃത്തിക്കുകളിൽ ഒരാളാണ് ഉദ്ഗാദ പ്രതിഹർത്ത പ്രസ്തോത ഇങ്ങനെ പല വൃത്തിക്കുകളുണ്ട് അതിൽ ഒരാളാണ് ഉദ്ഗാതാവ് ആ ഉദ്ഘാതാവ് ചൊല്ലേണ്ട മന്ത്രങ്ങള് ഉദ്ഗീതം എന്ന് പറയും ആ ഉദ്ഗീതത്തിന്റെ ഒരു ഭാഗമാണ് ഓം ഓമെന്നുടങ്ങി ആരംഭിക്കുന്നു അതുകൊണ്ടിവിടെ ഓമെന്നു പറയുന്ന അക്ഷരം ഇത് ഉദ്ഗീതമാണ് ഇതിന് ഉപാസിക്കണം എന്തുകൊണ്ട് ഭാഷകാലം പറയുന്നു ഓമിത്യേത് അക്ഷരം പരമാത്മനോ ഇത് പരമാത്മാവിന്റെ അഭിദാനമാണ് വാചകമാണ് പരമാത്മാവിനെ സ്മരിക്കുന്നതിന് ഓം എന്ന ശബ്ദം ഉപയോഗിക്കുന്നു അത് നേതിഷ്ടം എന്നുവെച്ചാൽ ഏറ്റവും നേതിഷ്ടം എന്ന് പറഞ്ഞാൽ അടുത്തത് നിർത്തും പരമാത്മാതത്വത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പരമാത്മാതത്വത്തെ അനായാസമായി പ്രകാശിപ്പിക്കുന്നതാണ് ഓം എന്നുള്ള ശബ്ദം അത് നമ്മൾ മാഡുക്യത്തി ചർച്ച ചെയ്തു ഓം എങ്ങനെ പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു എന്നുള്ളത് ഭാഷികാരം വരുന്നു തസ്മിൻ ഹി പ്രയുജ്യമാണ് സപ്രസീത ഈശ്വരൻ പ്രസാദിക്കുന്നു ഓമിലൂടെ മറ്റു നാമങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹവും ഓമിലൂടെ ുന്നു പ്രിയ നാമഗ്രഹണി വലോക്കഹ ലോകത്തിലും നമ്മൾ കാണാറുണ്ട് ഇഷ്ടപ്പെട്ട പേര് വിളിച്ചാൽ ആൾക്കാർക്ക് സന്തോഷമാണ് അവരുടെ പ്രീതി ഉണ്ടാകും വിളിക്കുന്ന ആൾ അതുപോലെ ഓം അത് ഈശ്വരന് പ്രിയപ്പെട്ട നാമമാണ് ധികം പ്രയുക്തം അവിധായകത്വ വ്യവർത്തിതം ശബ്ദ സ്വരൂപം മാത്രം പ്രതീയത സാധാരണ അതൊരു നിയമമാണ് ഭാഷയുടെ നിയമം ഒരു ശബ്ദത്തിനോട് ശബ്ദത്തിന് ശേഷം ഇതി എന്നുള്ള ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ വരുന്ന ശബ്ദത്തെ ഗ്രഹിക്കാവൂ അർത്ഥത്തെ ഗ്രഹിക്കാൻ പാടില്ല ഉദാഹരണം ഗൗഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു കാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്ഥം കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അശബ്ദം ഗോ എന്ന് പറയുന്ന ശബ്ദം ഗൗരിത്യാഹ എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞു എന്നാണ് ഇത് അശബ്ദത്തെ ഉച്ചരിച്ചു എന്നാണ് അത് നിയമമാണ് അതുപോലെ ഓം ഇതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തെ എടുക്കേണ്ട ഞാനതിഹ ഇതി പരം പ്രയുക്തം ഇതി പരത്തിലായി ഇത് ഉപയോഗിച്ചു അവിധായകത്വ വ്യാപർത്തിതം അതുകൊണ്ട് അർത്ഥത്തെ എടുക്കണ്ട ശബ്ദ സ്വരൂപം മാത്രം പ്രതി ശബ്ദത്തെ എടുത്താൽ ഓം എന്ന് പറയുന്ന ശബ്ദത്തെ ഉപാസിക്കുക തഥാച്ച അർച്ചാധിപൻ പരസ്യാത്മന പ്രതീകം സമ്പർത്തി ഓം എന്ന് പറയുന്നത് പരമാത്മാവിന്റെ വാചകോണെന്ന് പറഞ്ഞു പരമാത്മ തത്വത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട് ഓം അത് വിചാരത്തിനും ഉപകരിക്കുന്നതാണ് മണ്ഡുക്യത്തിലും മറ്റും ഓം എന്നുള്ള മന്ത്രത്തെ ആസ്പദമാക്കിയാണ് വിചാരം പക്ഷെ ഇതിന് മറ്റൊരു പ്രയോജനം കൊണ്ട് എന്താണ് അർച്ചാധിപത് അർച്ചാദികളെപ്പോലെ അർച്ച എന്ന് പ്രതിമ പ്രതിമയും മറ്റും പോലെ പരസ്യാത്മന പ്രതീകം ഇത് പരമാത്മാവിന്റെ പ്രതീകമാണ് ഇങ്ങനെയാണോ താളഗ്രാമം ശിവലിംഗം എല്ലാം പരമാത്മാവിന്റെ പ്രതീകമാകുന്നത് അതുപോലെ ഓം എന്ന് പറയുന്ന ശബ്ദം ശബ്ദ പ്രതീകം പ്രതീകങ്ങൾ പാസനയ്ക്ക് വേണ്ടി പ്രതീകങ്ങൾ ആശ്രയിക്കുന്നു പ്രതീകങ്ങൾ മുഖ്യമായി രണ്ടാണ് ഒന്ന് ശബ്ദം രൂപം ചില ചിലത് രൂപമാകും അതാണ് പ്രതിമയും ചില സ്ഥലത്ത് ശബ്ദമാകും അതിനെ കേവലം പ്രതീകത്തെടുത്താമോ പക്ഷെ എങ്ങനെയുള്ള പ്രതീകം ശബ്ദരൂപത്തിലുള്ള പ്രതീകം ഏവൻ നാമത്വേന പ്രതീകത്വേന പരമാത്മാ ഉപാസന സാധനം ശ്രേഷ്ഠമിതി സർവവേദാന്തീഷതം അങ്ങനെ നാമമായി പരമാത്മാവിന്റെ വാചകമായി പിന്നെ പ്രതീകമായി ശബ്ദപ്രതീകമായി ശബ്ദപ്രതീകമെന്ന് പറയുമ്പോൾ നമ്മൾ ഓമെന്നോ വരച്ച് വെച്ചിട്ട് കാണുന്ന രൂപമല്ല അശബ്ദം തന്നെ ഓമെന്ന് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അതൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല ഓമെന്ന് എഴുതിയിട്ട് നോക്കും ോക്കഴിഞ്ഞാൽ ഒരു ശബ്ദത്തിന്റെ വടിവ് കാണും അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ശബ്ദ പ്രതീകമെന്ന് പറഞ്ഞാൽ ശബ്ദമുച്ചരിക്കുമ്പോൾ പുറപ്പെടുന്ന ആ ശബ്ദം ഓം എന്നുള്ള ശബ്ദം അതാണ് അതിന് വാചകമായിട്ടും എടുക്കാം അല്ലെങ്കിൽ പ്രതീകമായിട്ടും എടുക്കാം പ്രതീകമായിട്ട് എടുക്കുമ്പോൾ കേവലം ശബ്ദം മാത്രം വാചകമായിട്ടെടുക്കുമ്പോൾ അതിലൂടെ ക്ഷ്യമാക്കുന്ന ഒരു തത്വം പരമാത്മന പരമാത്മാസ ഉപാസന സാധനം അത് പരമാത്മാ ഉപാസനയ്ക്ക് സാധനമാണ് ഓമെന്ന് പറയുന്നത് ശബ്ദമായിട്ട് എടുത്തു കഴിഞ്ഞു ദീർഘമായ പ്രണവം അത് ഉപാസനയ്ക്ക് വേണ്ടി മനസ്സിനെ അതിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി മനസ്സ് അതുച്ചരിക്കുമ്പോൾ അതും ഭാഷ്യത്തിൽ വന്നു മാണ്ഡുക്യത്തിൽ മണ്ഡുക്യ ഭാഷ്യത്തിൽ വന്നിട്ടുണ്ട് വളരെ കാഗ്രതയോടുകൂടി ഓമെന്ന് പറയുന്ന ശബ്ദം ഉച്ചരിക്കുമ്പോൾ ആ ചൈതന്യം അഭിവ്യക്തമാകുന്നുവെന്ന് മറ്റും ഭാഷക്കാരൻ അവിടെ പറഞ്ഞു അതും ഉപാസന ഇനി അതിൻ്റെ വിചാരം വിചാരമാണ് അകാരമ അതിൻ്റെ മാതൃകൾ അതിന്റെ വിശ്വസപ്രാജ്ഞന്മാർ മൃഷ്ടി സമഷ്ടി ഇതെന്നെ അവിടെ ചർച്ച ചെയ്തു അതിന്റെ വിചാരത്തിന് വേണ്ടി ഇവിടെ പറയുന്നു ഉപാസനം ഏവലാ ശബ്ദത്തെ മനസ്സേക്കാഗ്രമാക്കുക സുരക്ഷി സർവവേദാന്തീഷ് അവഗതം ഇത് സർവ്വത്രയുണ്ട് സർവോപനിഷത്തുകളിലും ഈ ഓമിന്റെ ഉപാസനയെ കുറിച്ച് പറയുന്നുണ്ട് ജപ കർമ്മ സ്വാധ്യാധ്യ അന്തരീക്ഷിച്ച ബഹുശപ്രയോഗം ജപത്തിൽ മന്ത്രജപത്തിൽ വേറെ എല്ലാ മന്ത്രങ്ങളുടെയും ജപത്തിൽ വൈദികമായും വൈദിക കർമ്മങ്ങളിലും പ്രത്യേകിച്ച് ജപം ഗായത്രി തുടങ്ങിയ മന്ത്രങ്ങളുടെ ജപം വിധിക്കുന്നുണ്ട് ജപത്തിൽ പിന്നെ കർമ്മ കർമ്മങ്ങളിൽ യജ്ഞകർമ്മങ്ങളിൽ പിന്നെ സ്വാധ്യായം സ്വസ്വേദശാഖയുടെ പ്രതിദിനമുള്ള അധ്യയനത്തിൽ എല്ലാം ഓങ്കാരം പ്രയോഗിക്കുന്നു ബഹുശപ്രയോഗം അന്ത്യത്തിനും ഗീതയിലും പറഞ്ഞിട്ടുണ്ട് ആദീതും അന്തത്തിനും പ്രണവം ചെല്ലണം അല്ലെങ്കിൽ ദോഷമാണെന്ന് പറയുന്നു മനുസ്മൃതിയിലും മറ്റും പറയുന്നു അതുകൊണ്ടും ബഹുശവപ്രയോഗാൽ പ്രസിദ്ധമാണ് ശ്രേഷ്ഠ അതുകൊണ്ട് ശ്രേഷ്ഠമാണോ അധ തർണാത്മകം ഉദ്ഗീത ഭക്തി അവയവത്വ ഉദ് ഉപാസീത അതുകൊണ്ട് ഈ അക്ഷരം പ്രത്യേകം പറയുന്നു അക്ഷരം വർണ്ണാത്മകം അക്ഷരം പരമം ബ്രഹ്മ പരം ബ്രഹ്മത്തിനും അക്ഷരം എന്ന് പേരുണ്ട് അതുകൊണ്ട് ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ അക്ഷരം എന്ന് വെച്ചാൽ വർണ്ണാത്മകം ഓം എന്ന് പറയുന്ന ഉച്ചരിക്കുന്ന വർണ്ണം അതാണ് ഉദ്ഗീതഭക്തി അവയവം ഉദ്ഗീതഭക്തി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ചന്തഗത്തിൽ ഇതിനു മുൻപ് സോമയാഗത്തെ കുറിച്ച് പറയുമ്പോൾ വരുന്ന ഉദ്ഗീത മന്ത്രം അതിനാണ് ഉദ്ഗീതഭക്തി എന്ന് പറയുന്നത് ഭക്തി എന്ന് പറയുന്നത് മന്ത്രവിശേഷം ഒരു പ്രത്യേക മന്ത്രങ്ങൾക്ക് പറയുന്ന പേരാണ് ഭക്തി അപ്പം ഉദ്ഗീത ഭക്തിയുടെ ഭാഗമാണ് അവയവമാണ് അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഉദ്ഗീതഭക്തി എന്നറിയപ്പെടുന്നു ആ മന്ത്രങ്ങൾ അതിൻ്റെ അവയവമാണ് അതിൻ്റെ ഭാഗമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതാണ് ഓങ്കാരം അതുകൊണ്ട് വാസ്തവത്തിൽ ഉദ്ഗീത ഭക്തിയാണ് ഉദ്ഗീതം അതാണ് ഉദ്ഗാതാവ് ചൊല്ലുന്നത് അതുകൊണ്ട് അതിനാണ് ഉദ്ഗീത മന്ത്രങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ അതിന് ഓം അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓമും ഉദ്ഗീതം എന്ന് പറയുന്നു അപ്പോൾ വാസ്തവത്തിൽ ഉദ്ഗീതം ഓമല്ല ആ മന്ത്രത്തിൻ്റെ ഒരു ഭാഗമായി വന്നതുകൊണ്ട് ഉദ്ഗീത മന്ത്രങ്ങളുടെ ഭാഗമായി വന്നതുകൊണ്ടിവിടെ ഓമിന് ഉദ്ഗീതം എന്നുള്ള പേര് കിട്ടി പരമാത്മ പ്രതീകാഗ്ര ലക്ഷണാം മതി ഉപാസന എന്താണെന്ന് പറയുന്നു കർമാ അവയവഭൂത ഓങ്കാരേ കർമാം എന്ന് പറയുന്നത് പറഞ്ഞ ഉദ്ഗീത ഭക്തി ഉദ്ഗിത മന്ത്രങ്ങൾ അതിൻ്റെ അവയവഭൂത്ത് ഓങ്കാരം അതിൻ്റെ ഒരു ഭാഗമാണ് ഓങ്കാരം അതെന്താണ് പരമാത്മപ്രതീക പരമാത്മപ്രതീകമാണ് ദൃഢാം ഐകാഗ്രലക്ഷണം മതി അതിൽ ദൃഢമായ ഏകാഗ്രത ഏകാഗ്രബുദ്ധി അതിലുണ്ടാക്കണം സന്തുനിയ ഏകാഗ്രബുദ്ധിയെ അവിടെ നിലനിർത്തണം അതാണ് ഓങ്കാര ഉപാസന ആ ശബ്ദത്തിൽ മനസ്സിനെ നിർത്തുക ഓമെന്ന് ദീർഘമായി ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന മുഴക്കം ശബ്ദത്തിൻ്റെ അതിന് മനസ്സിനെ ഉറപ്പിക്കുക ഇത് പറയുന്നത് കർമ്മവുമായി ബന്ധപ്പെടുത്തിയാണ് കർമ്മവുമായി ബന്ധപ്പെടാതെയും ഓംങ്കാരസന പറയാം അതെനി പറയും ഇത് ആവശ്യപ്പെടുന്നത് കർമ്മം ചെയ്യുന്നവരോടാണ് സോമയാഗം ചെയ്യുന്നവരോട് പറയാണ് അത് തുടർച്ചയായിട്ട് നിങ്ങൾ ആ കർമ്മം ചെയ്യുക അതോടൊപ്പം ഓമിൽ മനസ്സിനുറപ്പിക്കുക അങ്ങനെ കർമ്മം ചെയ്യുന്നതോടൊപ്പം ഓമിനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ അത് ഓങ്കാര ഉപാസനയാണ് അവിടെ കർമ്മം ബാഹ്യമായി ചെയ്യുകയാണ് അവിസർപ്പിക്കുക തുടങ്ങി കർമ്മങ്ങളോട് ബാഹ്യമായി വരുന്നു വൃത്തിക്കുകളും യജമാനും കൂടി ചേരുന്ന ആ കർമ്മം ചെയ്യും അവിടെ ഓങ്കാരത്തിൽ മനസ്സിനോർപ്പിക്കാൻ പറയുന്നു അത് വൃത്തിക്കുകളും ചെയ്യണം ചില ഭാഗത്തെ യജമാനും ചെയ്യണം അങ്ങനെ വരുമ്പോ എന്തായത് ഉപാസന ഇപ്പൊ രണ്ടും വന്നു കർമ്മവും വന്നു ഉപാസനവും വന്നു ഇതിനാണ് പറയുന്നത് കർമ്മ ഉപാസന സമുച്ചയം എന്ന് പറയുന്നു ബാഹ്യമായി കർമ്മങ്ങൾ ചെയ്യുന്നു അതിന്റെ രീതിയിലും അതോടൊപ്പം ഓങ്കാരത്തെ ധ്യാനിക്കുന്നു ഓംപാസനയും ചെയ്യുന്നു കർമ്മ ഉപാസന എന്തുമ്പോൾ സമുച്ചയം പക്ഷെ ജ്ഞാനവും കർമ്മവും തമ്മിലങ്ങനെ സംശയം വരത്തില്ല സ്വയമേവ ശ്രുതിരോങ്കാരീത ശബ്ദവാചേമാഹ എന്തുകൊണ്ട് ശ്രുതി തന്നെ പറയുന്നു ഓങ്കാരം ഉദ്ഗീതമാണെന്ന് ശ്രുതിർ ഓങ്കാരീത ശബ്ദവാച്യത്തെ ഓങ്കാരം ഉദ്ഗീത ശബ്ദത്തിൻ കൊണ്ട് പറയേണ്ടതാണ് എന്തുകൊണ്ട് പറയുന്നു ഓമിതി പറയുന്നു ഓമിത്യാരഭ്യസ്മാഗായതി അതീത ഓം ഉദ്ഗാത ഉദ്ഘാനം ചെയ്യുന്നു സാമമന്ത്രങ്ങളെ എങ്ങനെ ഓം എന്ന് തുടങ്ങി അപ്പോ അങ്ങനെ ഉദ്ഘാനം ചെയ്യുന്നത് കൊണ്ട് ഉദ്ഗാനം ചെയ്യുന്ന ആ മന്ത്രങ്ങൾക്ക് ഉദ്ഗീതം പേരുണ്ട് അത് ചെയ്യുന്നത് ഓമിൽ തുടങ്ങിയാണ് അതുകൊണ്ട് ഓംകാരത്തിന് ഉദ്ഗീതം പേര് ദസ്യ ഉപവ്യാഖ്യാനം ദസ്യക്ഷതസ്യ ം ഏവം വിഭൂതി ഏവം ഫലം ഇത്യാദി കഥന ഉപവ്യാഖ്യാനം അതിന്റെ ഉപവ്യാഖ്യാനം എങ്ങനെയാണ് ഏവം ഉപാസനം അതിന്റെ ഉപാസനം എന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞുള്ളത് അത് ആ ശബ്ദത്തെയാണ് ഓം എന്നുചരിക്കുമ്പോൾ മുഴങ്ങുന്ന ശബ്ദം അതിലാണ് മനസ്സിന് നിർത്തേണ്ടത് ഇവം വിഭൂതി അതിനെ സ്തുതിക്കുന്നു അവിടെ ചി പറയും പരമപരാർഢ്യ എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് എന്ന് വെച്ചാൽ അതിൻ്റെ മഹത്വം ഇന്നതാണെന്ന് മനസ്സിലാക്കാം സ്തുതിക്കുന്ന മഹത്വത്തെ മനസ്സിലാക്കാനാണ് അതാണ് വിഭൂതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ ഇങ്ങനെ ധ്യാനിക്കണം അങ്ങനെ ഏവം ഉപാസനം ഏവം വിഭൂതി അതിന്റെ മഹത്വം ഇന്നതാണ് ഏവം ഫലം അതിന്റെ ഫലം ഇന്നതാണ് ഇത്യാദി കഥനോ വ്യാഖ്യാനം അതിനുള്ള വ്യാഖ്യാനം എന്ന് പറഞ്ഞു പ്രവൃത്തത്തെ ആരംഭിക്കുന്നു എനി വാക്യശേഷ ഓമിത്യത് അതിനു മുമ്പ് വന്ന ഭാഗങ്ങളിൽ യാഗത്തെ കുറിച്ച് പറയുന്നു യാഗം ചെയ്യേണ്ടവര് വൃത്തിക്കുകളായാലും ശരി യജമാനായാലും ശരി ആ യാഗം ചെയ്യുന്നു യാഗം ഇവിടെ പൂർത്തിയാകുന്നു അതുകഴിഞ്ഞ് വീണ്ടും തുടർന്നു വരുന്നതാണ് ഈ ഭാഗം ഈ മന്ത്രങ്ങൾ ചെല്ലുന്നു നോമിത്യേദക്ഷം ഗീത ഉപാസീത എന്ന് ചൊല്ലി അർത്ഥബോധത്തോടുകൂടി ചെല്ലുന്നു അതിനോട് ചേർത്ത് ആ കർമ്മങ്ങളോടുകൂടി ചേർത്ത് കർമ്മങ്ങളുടെ അംഗമായി ഭാഗമായി അർത്ഥബോധത്തോടു കൂടി ചെല്ലുമ്പോൾ ഇത് ഉപാസനയായി ഗീത ഉപാസനയായി അതാണ് ആ കർമ്മവും ഈ പറയുന്ന ഭാഗവുമായിട്ടുള്ള ബന്ധം ഇത് ചെയ്യുന്നത് ആ കർമ്മം ചെയ്യുന്നവർ ചെയ്യുന്നു അതിന്റെ ഫലം പറഞ്ഞു നേരത്തെ എന്താണോ തന്നെയതാന്പാസനീ സത്വശുദ്ധികരത്വന വസ്തുതത്വോ ഉപാസകത്വോ അത് അദ്വൈതജ്ഞാനോപകാരകാണ് ഈ അദ്വൈതജ്ഞാനത്തിനുപകാരകമാണോ കാമനകളില്ലാത്തവൻ ഈ ഉപാസനകൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് തത്വശുദ്ധികരം മനഃശുദ്ധിയുണ്ടാക്കുന്നു അത് മുമ്പ് ഭാഷ കാരൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇതിനിടെ പറഞ്ഞത് ഈ വൈദിക രീതി അനുസരിച്ച് ഇതാണിതിന്റെ പ്രയോജനം ഇതാണിതിന്റെ താല്പര്യം ആ കർമ്മം അതിനോട് ചേർന്ന് ഒരു ധ്യാനം ഉപാസന അങ്ങനെ ധ്യാനമാണ് ഒന്ന് കാമികൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഫലം കിട്ടും ഓമിന്റെ ഉപാസനകൾ പരമാത്മാവാചകമാണോ അതിന്റെ ഉപാസന നിഷ്കാമികൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മനഃശക്തി ഉണ്ടാവും ഇതാണ് ഭാഷകാര ഇതിനെക്കുറിച്ച് പറയുന്നത് വൈദികന്മാരും ഉപാസന എന്ന് പറയുമ്പോൾ ഉപാസനയെന്നില്ല അർത്ഥം പറയുന്നു പ്രത്യേകം പറയുന്നത് ഇത് മനസ്സിലാക്കാതെ ആധുനിക വ്യാഖ്യാതാക്കൾ മറ്റു പലതരത്തിലും ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു ഇതൊരു ഉപാസനയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ഒരുപാട് ഭാവന ചെയ്യുന്നുള്ളതാണ് ഇതാണ് ഏതിൻ്റെ താല്പര്യം ആണ് ആ ഭാവനകളെല്ലാം ചെന്നെത്തുന്നത് ഇന്നത്തെ സയൻസിനാണ് ഇവിടെയൊക്കെ പറയുന്നത് ഇന്ന് പഠിപ്പിക്കുന്ന സയൻസാണെന്നൊക്കെയാണ് അവർ പറയുന്നത് അതായത് ഒരു ഉപാസനയാണെന്നുള്ള ഭാഗം മനസ്സിലാകുന്നത് ദുരതാരണ്യപത്തുളങ്ങുന്നത് ഉഷാവ അശ്വസ്യ ചിരഹ എന്ന് പറയും തുടങ്ങും പ്രകാരം ഇതുപോലെ തന്നെ ചന്തയും അവിടെ ഈ തുടക്കത്തിൽ ഉപാസനെ കുറിച്ചാണ് പറയുന്നത് അവിടെയും ആൾക്കാർ വ്യാഖ്യാനിക്കും പറഞ്ഞു കുഷാവ കുഷസ് ആ അതെല്ലാം പോകും അത് അർത്ഥം ഭാവനയാണ് ഇവിടെ ചെയ്യുന്നത് ഫനിക്കുക കേവല ഭാവന ഭാവനയെന്നുള്ളത് വിട്ടിട്ട് വേറെ സയൻസാണെന്ന് പറഞ്ഞ് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് മനഃശാസ്ത്രമാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനമുണ്ട് അങ്ങനെ പലതും ഉണ്ട് വർഷകാലം പറയുന്നതാണ് ഇത് കേവലം ഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് അത് പ്രയോജനം എന്താണ് തുടർന്നു വരുന്നതും അങ്ങനെ യേഷാം ഭൂത്താനാം പൃഥി ആഷധിയോരസ ഓഷധീന പുരുഷോരസ പുരുഷ്യസ്രസ രുചഹ സാമരസം ഉദ്ഗീഥോരസ സാധനഗതിയിൽ ഇത് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം പൂർണമായും പിടികിട്ടത്തില്ല എന്നാൽ നമുക്ക് പരിചയമുള്ള പദങ്ങളുള്ളത് കൊണ്ട് ഏകദേശം ഒരർത്ഥം മനസ്സിലാവുകയും ചെയ്യും ഇതിന്റെ പൂർണമായ അർത്ഥം മനസ്സിലാക്കി ഇത് ചൊല്ലുമ്പോൾ അത് ഉപാസനയായി ഇത്രയുള്ള ഉപാസന എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സ് കേവലം ശബ്ദത്തിലായിരിക്കില്ല അർത്ഥത്തിലും കൂടെ ആയിരിക്കും ഭാഷയിൽ ഒരു പരിചയമില്ലാത്ത ഒരാളി ചൊല്ലിക്കഴിഞ്ഞാൽ കേവലം ശബ്ദം ശബ്ദജ്ഞാനം മാത്രമേ ഉണ്ടാവൂ അപ്പം അത് ഉപാസനയാകത്തില്ല ഉപാസന ആവണമെങ്കിൽ എന്തുവർത്ഥം കൂടെ പറയും അർത്ഥജ്ഞാനത്തോടുകൂടി ഇത് ചൊല്ലണം ർത്ഥജ്ഞാനത്തോടു കൂടി ചെല്ലുമ്പോൾ അത് ഉപാസനയായി കർമ്മം ചെയ്യുന്നവർ അതിനോട് ഒപ്പം ഇത് അർത്ഥബോധത്തോടുകൂടി ചെല്ലും ഉപാസന രണ്ടും വന്ന് ജ്ഞാനവും വന്നു കർമ്മവും ഞാനെന്ന് വെച്ചാൽ ഉപാസന ഉപാസനയും വന്നു കർമ്മവും വന്നു ഉപാസന കർമ്മ സംശയമായി അത് അധിക ഫലത്ത് കൊടുക്കുന്നു എന്നാണ് യേഷാം ഭൂത്താനീ ഭൂതങ്ങൾ ചരാചരങ്ങൾ ഇവിടെ കാണുന്ന സർവവും അതിന് പൃഥിവിണു രസം പൃഥിവി ആണ് രസം അതിന് ഭാഷികാരം പറയും രസഹഗതി പാരായണം അവഷ്ടംഭ അതിൻ്റെ ആശ്രയം പരവമായ ആശ്രയം പൃഥിവിണെന്നു കൊണ്ട് പൃഥിവിൽ നിന്നുണ്ടാകുന്നു ഈ ശരീരം പൃഥിവിൽ നിന്നല്ലേ ഉണ്ടാവുന്നു പൃഥിവി തന്നെ ലയിക്കുന്നു അതുകൊണ്ട് ഇതിന്റെ ആശ്രയമൊന്നും ഇതിന്റെ സാരം എന്ന് പറയും രസം സാരമെന്നും ഭക്ഷിക്കാനും പറയും പൃഥിവി ആപ്പോ രസ പൃഥ്വിയുടെ രസം ആപ്പാണ് ജലമാണ് ജലത്തിലാണ് പൃഥിവി സ്ഥിതി പറയും ജലത്തിൽ നിന്നാണ് പൃഥ്വി ഉണ്ടായതെന്നും പറയും അങ്ങനെ ഒരു സങ്കല്പമുണ്ട് ജലത്തിലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത് കാരണം ഭൂമിക്ക് ചുറ്റും സമുദ്രമായിരുന്നു അങ്ങനെ പറയും മറിച്ച് സൃഷ്ടി പറയുമ്പോഴും ജലത്തിൽ നിന്ന് പൃഥിവിണ്ടായിരുന്നു എന്തുകൊണ്ടങ്ങനെ പറയുന്ന ഒരു ദ്രവീഭൂതമായ അവസ്ഥയിൽ നിന്ന് ഒരു ഖനീഭൂതമായ അവസ്ഥ ഉണ്ടായി സാറിന് അങ്ങനെ കാണുന്നുണ്ട് അല്ല ഇതിന് രസം സാരമായിരിക്കുന്നത് ജലമാണ് അപ്പാം ഓഷധയോ ജലത്തിന്റെ രസ സാരമായിരിക്കുന്നു ഓഷധികൾ അങ്ങനെ ഭാഷകാരം പറയുന്നു അപരിണാമത്വാ ഓഷധീനാണ് ഓഷധികൾ ജലപരിണാമമാണ് അതുകൊണ്ട് പറയുന്നു അത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട് ഭൗതികമായി ചിന്തിച്ചാൽ ഓഷധികളെന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ സസ്യങ്ങളും ജലവുമായിട്ട് സസ്യങ്ങളില്ലെങ്കിൽ പിന്നെ ജലവുമില്ല ജലത്തിന് പിന്നെ പ്രകടമാകാൻ വഴിയില്ല ജലം നശിച്ചു പോവും അല്ലെങ്കിൽ അതെ സൂക്ഷ്മാവസ്ഥയിലേക്ക് പോവും ഓഷധീനാ പുരുഷവും രസ ഓഷധികളുടെ രസമാണ് പുരുഷൻ ജീവൻ സശരിയായ ജീവൻ സസ്യങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറയുന്നു ഉപാസനകളിൽ ഒരു സാമാന്യ വ്യക്തി വേണമെന്ന നിയമമൊന്നുമില്ല പറയുന്നത് കേവല ഭാവനയാണ് അതിന് എന്തെങ്കിലും ഭൗതികമായ അടിത്തറ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ എങ്ങനെ വേണമെങ്കിലും ഭാവനയും എന്നാലും ചില നിയമങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും കഴിഞ്ഞില്ലെങ്കിലും ദോഷമില്ല കാരണം ഇത് അങ്ങനെ ഭൗതികമായ എന്തെങ്കിലും ഒരു നിയമത്തെക്കുറിച്ച് പറയുന്നാലും എങ്ങനെ ഓഷധികളിൽ നിന്ന് രസമുണ്ടായെന്നും ജലമുണ്ടായെന്നും ഓഷധികളിൽ നിന്ന് പുരുഷനുണ്ടായിരുന്നു അങ്ങനെയെന്നുള്ള കാര്യകാരണം ബന്ധത്തെ പഠിപ്പിക്കുകയല്ല അതിനെന്തെങ്കിലും ഒരു യുക്തിയെ ബോധിപ്പിക്കുകയല്ല ചെയ്തു ഇത് കേവലം ഒരു ഭാവന ഒരർത്ഥഭാവന അതിന്റെ ബന്ധത്തെ നമുക്ക് ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും വരും അതൊരു ഇന്നത്തെ ശാസ്ത്രവുമായി പൊരുത്തപ്പെടണമെന്നൊന്നുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ശാസ്ത്രീയതയും മതി വേണമെന്നില്ല മന്ത്രങ്ങളാണ് അതിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് കേവലം മന്ത്രശാസ്ത്രം ഭൗതിക ശാസ്ത്രമാണ് വേദം ശബ്ദശാസ്ത്രം അതിൻ്റെ ആഴവും പരപ്പൊന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അത് ൗതികമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയാലും അത് പൂർണ്ണമായും വെളിപ്പെടുത്തില്ല ഇത് ആദ്യ ഭൗതികമല്ല ഇതിന്റെ ആദ്യ ദൈവികവും ആദ്യ ആധ്യാത്മികവുമായ ഭാവങ്ങളാണ് ശബ്ദമന്ത്രങ്ങൾക്കുള്ളത് നമ്മളെ ഗവേഷണ പഠനങ്ങളെല്ലാം ആദ്യ ഭൗതികത്തിലാണ് വ്യത്യാസം വസ്തു തത്വം മൂന്നും തരത്തിലാണ് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദിഭൗതികം ആധ്യാത്മിക ആതിദൈവികം വസ്തുവായിരിക്കുന്നു നമ്മളീ കാണുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ആദ്യഭൗതിക രൂപമാണ് ഇതിന് നമുക്ക് ഗവേഷണങ്ങളെല്ലാം നടത്താം ഇതെങ്ങനെ ഉണ്ടായി ഇതങ്ങോട്ട് പോകുന്നതെല്ലാം കണ്ടുപിടിക്കാം അതിനെ നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നു സയൻസ് എന്ന് പറയുന്നു ഇനി ഇതിൻ്റെ ആധ്യാത്മിക ദൈവിക ഭാവങ്ങൾ അതങ്ങനെ എളുപ്പമല്ല ഭൗതികമായ പഠനത്തിന് വിധേയമാക്കുക ക്ലിഷ്ടമാണ് ആധ്യാത്മിക തലമെന്ന് പറയുന്നത് മനസ്സിന്റെ തലമാണ് അവിടെ എന്തെങ്കിലും നടത്തണമെങ്കിൽ അത് മനസ്സുകൊണ്ട് തന്നെ അതാണ് അവിടെ വരുന്നത് തവറ മനസ്സ് തന്നെ മനസ്സിന് പഠിക്കാൻ പോകുമ്പോൾ അത് പൂർണ്ണത മനസ്സ് ഭൗതികമായ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്കതിന് ഒരു വ്യക്തത വരും കാരണം മനസ്സിൽ നിന്ന് ഭിന്നമായ വിഷയങ്ങളാണ് പഠിക്കുന്നത് മനസ്സ് മനസ്സിനെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൂർണ്ണത വരത്തില്ല ആധ്യാത്മികം ആദ്യ ദൈവികം ഒരിക്കലും സാധാരണ മനസ്സിന് വെളിപ്പെടുന്ന കാര്യങ്ങളൊന്നും അത് മനസ്സിനേക്കാൾ സൂക്ഷ്മമായ തലങ്ങളാണ് അപ്പോൾ ഇതിന് ഇത് രണ്ടും ഭാഷകാലം തന്നെ അടുത്ത് പറയും ഈ പറയുന്നത് ആധ്യാത്മികമാണ് ഇനി ആദ്യ ദൈവികമാണെന്നെല്ലാം പറയും അതിന്നത്തെ സയൻസുമായിട്ടൊന്നും അവന് ഇന്ന് നമ്മൾ പഠിക്കുന്ന സയൻസുമായിട്ടൊന്നും ബന്ധമില്ല അവളുടെ യുക്തി ഇവിടെ പ്രയോഗിച്ച് നോക്കാം എങ്ങനെയാണ് അത് അതിന്റെ രസമാകുന്നത് എങ്ങനെ സാരമാകുന്നു പിന്നെ നമ്മുടെ ബുദ്ധിക്ക് ഒരു സാധാരണ സമാധാനം തരാൻ വേണ്ടിയാണ് പറയുന്നത് ഔഷധ ഒരു സു അപരിണാമിക്കോ ഔഷധീന അപരിണാമിയാണ് ഓഷധികൾ ജലത്തിൽ നിന്ന് പ്രണമിച്ച് സസ്യം ഉണ്ടാവും എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായിരിക്കും അങ്ങനെയും പറയുന്നുണ്ടല്ലോ ഒരു കാലത്ത് ജലം മാത്രമായിരുന്നു പിന്നെ അതിൽ നിന്നാണ് ജീവജാലങ്ങളെല്ലാം ഉണ്ടായി എന്നെല്ലാം പറയാം പക്ഷെ അതെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അർത്ഥഭാവന ശബ്ദാർത്ഥ ഭാവൻ അതിന്റെ യുക്തിചിന്തയല്ല അതിൻ്റെ ഗവേഷണമല്ല ഇത് പറയുമ്പോൾ ഒരു അർത്ഥബോധം തോന്നുന്നുണ്ടാണ് അത് തന്നെ അതാണ് ഉപാസന വാസനയിൽ ശബ്ദത്തിനപ്പുറം അർത്ഥത്തിൽ അർത്ഥത്തിൽ കൂടെ മനസ്സിലാക്കുന്നു അന്നപത്നാമത്വാക്യ തസ്യാമി പുരുഷ വാഗ് രസം പുരുഷന്റെ വാക്ക്രസമാണ് പുരുഷന്റെ രസമാണ് വാക്ക് സാരമായതാണ് വാക്ക് അവരൊരിക്ക പുരുഷൻ പറയല്ലോ അവന്റെ വാക്കിനനുസരിച്ചാണ് അവൻ നല്ലവനും ചീച്ചയാകുന്നത് മാന്യനാകുന്നത് നിന്ദ്യനാകുന്നത് എന്നെല്ലാം പറയാറ് ജീവനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമാണ് വാക്ക് അതുകൊണ്ട് പറയുന്നത് അതാണ് അതിന്റെ സാരം പറയുന്നത് പുരുഷാവയവാനം ഈ വാക് സാരിഷ്ഠ പുരുഷാവയവങ്ങളിൽ വാക്ക് വാഗിന്ദ്രിയവും വാഗിന്ദ്രിയം പ്രവിക്കുന്ന ശബ്ദവും അത് സാരതമമാണ് പുരുഷസ് വാഗ്രസ വാചകിർഗ്രസ വാക്കിൽ എത്രയോ ശ്രേഷ്ഠമാണ് എന്നുള്ളത് മന്ത്രമാണ് ഈശ്വരോക്തമാണ് മനുഷ്യൻ പുറപ്പെടുവിക്കുന്ന ഈ വാക്കുകളെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഈശ്വരോക്തമായ അതടുത്ത് പറയുന്നു വാഗ്രസ വാചകർഗ്രസുർച്ചാമരസ മമാണ് ഒരു സമമായിരിക്കുന്നത് ഏർക്കുകളിൽ ഇരുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ വേദമന്ത്രങ്ങൾ സാമത്തിൽ നിന്നും വേറെതിരിക്കുന്ന ഏർക്ക് മന്ത്രങ്ങളല്ല പൊതുവെ വേദമന്ത്രങ്ങളൊക്കെ പറയുന്നു അതിൽ ശ്രേഷ്ഠമാണ് സാമം എന്തുകൊണ്ട് സാമം ഗാനാത്മകമാണ് ശബ്ദങ്ങളിൽ ഗാനാത്മകമായതാണ് ചൊല്ലുന്നവനും കേൾക്കുന്നവനും ആനന്ദത്തെ കൊടുക്കുന്നു സാധാരണ ശബ്ദം അത് പറയുമ്പോഴും കേൾക്കുമ്പോഴും ആനന്ദത്തെ ഉണ്ടാക്കണമെന്നില്ല പക്ഷെ ഗാനം അങ്ങനെയല്ല ഗാനം ആർക്കായാലും ശരി അത് പാടുമ്പോൾ അവൻ ആനന്ദം വരുന്നത് കേൾക്കുന്നവർക്കും ആനന്ദം വരുന്നത് അതുകൊണ്ട് പറയുന്നത് ഇവർക്ക് സാമ സാമമന്ത്രങ്ങൾ അതാണ് സംഗീതത്തിൻ്റെ ആധാരം സാരതമം തസാമന ഉദ്ഗീത സാമ്യദ്ഗീതോരസഹ സാമത്തിന്റെ രസമാണ് സാരതമമായതാണ് ഉദ്ഗീതം ഓങ്കാരം എവിടെ പറയുന്നത് ആ ഓങ്കാരത്വത്തിന്റെ മഹത്വം പറയുകയാണ് അത് എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി പൃഥിവിയിൽ തുടങ്ങി പൃഥിവിക്ക് ആപ്പായ രസം അതിന് ഓഷധികളായി അതിന് പുരുഷനായി പുരുഷന് വാക്കായി വാക്കിന് ഇർക്കായി ഏർക്കിന് ഒരു ക്രമമായ ഭാവന പാർത്ഥബോധത്തോടുകൂടി അത് ചെല്ലുമ്പോൾ ആ ബോധം തന്നെ ഭാവന ഉപാസനം ഭൂത്തനാം പൃഥിരസ പൃഥി ആപോരസ അപ്പം ഓഷധയോരസ ഓഷധീനാം പുരുഷോരസ पुष्स वाग्रसवाज इग्रसाउर स एष रामनाम्रसतम पराध्यो अष्टम यदु പറയുന്നു സയേഷ രസാന രസത്തമഹ ഇത് രസങ്ങളിൽ വച്ച് രസതമമാണ് ഏത് ഉദ്ഗീതം ഓങ്കാരം കാരണം മുമ്പ് പല രസങ്ങളെ കുറിച്ച് പറഞ്ഞു സാരതമമായതിനെ കുറിച്ച് പറഞ്ഞു ആ സാരതമമായതിൽ വെച്ച് സാരതമമാണ് സയേഷ ഈ ഉദ്ഗീതം ഓങ്കാരം എന്നർത്ഥം എന്തുകൊണ്ടത് പരമാത്മാവിന്റെ പ്രതീകമാണ് അതുകൊണ്ട് പരമ പരാർ അവിടെ പറയുന്നു പരമപരാർ അത് പരമവുമാണ് പരാർത്ഥിയുമാണ് പരമവും വെച്ചാൽ എന്താണ് ഇവിടെ പ്രാവശ്യകാലും പറയുന്നു പരമാത്മവാചകം പരമത്മപ്രതീകത്വ സയേഷ രസാനം രസത്ത പരമപരാർത്ഥിവനാണ് പരമവും പരാർത്ഥ്യവുമാണ് പരാർത്ഥ്യവും പറഞ്ഞാൽ പരാർത്ഥിയോ അർദ്ധം സ്ഥാനം പരം നിശ്ച പരാർത്ഥം തദർഹതീതി പരാർഥിക പരമാത്മസ്ഥർഹ എന്ന് പറഞ്ഞാൽ സ്ഥാനം അർത്ഥം പരം അർത്ഥം പരാർത്ഥം പരമവുമായ സ്ഥാനം പരാർത്ഥം എന്ന് പറഞ്ഞാൽ പരവുമായ സ്ഥാനം പരാർഢ എന്ന് പറഞ്ഞാൽ പരവുമായ സ്ഥാനത്തെ അർഹിക്കുന്നത് അതിനു യോഗ്യമായത് അതാണ് അഷ്ടമം ഉദ്ഗീതം ഇതുവരെ പറഞ്ഞത് ഏഷംഭൂതാനാം പ്രതിവീതം അതൊന്ന് അതിനൊന്നായിട്ടെടുത്താൽ ഇത് അഷ്ടമ സ്ഥാനമാണ് ഉദ്ഗീത ശ്രേഷ്ഠമാണ് എന്റെ സ്ഥാനം വലുതാണോ എന്ന് ഓങ്കാരത്തെ ഭാവന ചെയ്യുന്നു സയേഷ രസരസ പരമപരാർ അഷ്ടമോ യുദ്ഗീത കതമാ കതമൈർ കതമത് കതമത്സാമ കഥമ കഥമ ഉദ്ഗീത ഇത് വിമിഷ്ടം ഭവതി ഇതെല്ലാം ഈ മന്ത്രങ്ങളെല്ലാം ഔപാസനയുടെ ഭാഗമാണ് ഉപാസന മന്ത്രം ചൊല്ലുന്നത് തന്നെ ഉപാസന ചോദിക്കുന്നു കഥമ കഥമുക്ക് ഏതാണ് അസാമ ഏതാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നു കഥമാ കഥമേത് ബീ സാദരാർ ഏതേത് ആരാര എന്തെന്ത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണത് ചോദിക്കുന്നത് അങ്ങനെ ആവർത്തിച്ച് അവർച്ച് ചോദിക്കുന്നു ചോദിക്കുന്ന ആളിലുള്ള ബഹുമാന ആദരവുകൾ കൊണ്ടാണ് ചിലപ്പോൾ ഈ ആവർത്തി വരുന്നത് വലിയ ഒരാളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും ആരാരാണ് അത് അറിയാതെ ആവർത്തിച്ചു പോകുന്നു എന്താ എന്താ സംഭവം എന്തോ മഹത്തായ സംഭവമാണ് ആവർത്തി അതാണ് ഇവിടെ കഥമാ കഥമ സാമ കഥമാതമാർക്ക് ഹ്രീലിംഗ ശബ്ദമാണ് സാമൻ ശബ്ദം നമസ്കലിംഗമാണതുകൊണ്ടാണ് കഥമത് നമസ്കലിംഗ് അർത്ഥത്തിൽ നിന്ന് വ്യത്യാസം വരുന്നില്ല കഥമ കഥമ ഉദ്ഗീത പുല്ലിംഗീത ശബ്ദം അതുകൊണ്ട് കഥമ കഥമ ഇത് വിമി എന്ന് വിചാരം ചെയ്തിട്ട് വരുന്ന എന്റെ കൂടെ വ്യാകരണ കാര്യങ്ങളാണ് വ്യാകരണം ആർക്കും ഒരു ബുദ്ധിമുട്ടാകത്തില്ല പ്രശ്നമാകത്തില്ല വ്യാകരണം അറിയാവുന്നവർക്ക് വ്യാകരണം ബുദ്ധിമുട്ടുണ്ടാവും അതൊരു വിഷയമാണ് നമ്മളതിലേക്ക് കിടക്കേണ്ട കാര്യമില്ല കഥമ കഥമ ഇറക് കഥമ കതമ സാമ കതമ കഥമ ഉദ്ഗീത വിമഷ്ടം വാഗേക് പ്രണ ഓമേദക്ഷണമുദ്ഗീത തദ്ധുനം പ്രാണച്ച സാമ ച ുമ്പ്പ് ചോദിച്ച ചോദ്യം കഥമാ കഥമാ ആ ചോദ്യത്തിന് പറഞ്ഞു ഇതിനെക്കുറിച്ചൊന്ന് വിചാരം ചെയ്യണം എന്നിട്ട് അതിന് സമാധാനം എല്ലാം ശ്രുതി തന്നെ പറയും ചോദ്യവും വിചാരവും സമാധാനവും എല്ലാം പറയുന്നെന്താണ് വാഗേ വൈറ് വാഗേ വൈറു പ്രാണസ്ഥാമ പറയുന്നു വാക്ക് തന്നെയാണ് ഇർക്ക് പ്രാണനാണ് സാമൻ എന്നെ പറയുന്നു ഓമി തീരദർശനം ഗീതം അവിടെ മൂന്ന് ചോദ്യമാണ് ചോദിച്ചത് കഥമായ ഇറക്ക് ഇറക്കെന്താണ് അതിന് സമരം പറയുന്നു വാഗ്യവ വാക്ക് തന്നെയാണ് അടുത്ത് ചോദിച്ചു കഥമ സാമ അത് പറയുന്നു പ്രാണനാണ് സാമൻ അടുത്തു ചോദിച്ചു കഥമ ഉദ്ഗീത അത് പറയുന്നു ഓമിച്ച് അക്ഷരം ഉദ്ഗീത ഹോം എന്ന ഈ അക്ഷരം അങ്ങനെ ചിന്തിക്കുന്നു അവിടെ വ്യഖ്യാനത്ത് പറയും ശിഷ്യഭൂതയാ ശ്രുതിരിഹര ശിഷ്യനായിട്ട് ചോദിക്കുന്നു കഥമാർക്ക് എന്നിട്ട് പറയുന്നു അതേ ശ്രുതി തന്നെ ആചാര്യഭൂത സ്വയം ആചാര്യനായിട്ട് മറുപടിയും പറയുന്നു അപ്പൊ ചോദ്യവും ഉത്തരവുമ്പോൾ പറയുന്നതെല്ലാം ശ്രുതി തന്നെയാണ് ശ്രുതി തന്നെയാണ് ഗുരു ശ്രുതി തന്നെയാണ് ശിഷ്യൻ എന്നൊരു വ്യാഖ്യാനത്തിൽ പറയൂ അവിടെ ഒരാൾ ചോദിച്ചു വേറെ ആൾ മറുപടി കുറഞ്ഞ ധരിക്കണമെന്നില്ല അപ്പോൾ ഇത് ഒരു മിഥുനമാണ് തദ്വ ഏത് മിഥുനം ഇരട്ടകളാണ് എന്താണ് അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന്റെ കൂടിച്ചേരാണ് വാഗവയിർ വാഗ്ചാണാമ വാക്കും പ്രാണനും വാഗേവ പ്രാണസാമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു വാക്കും പ്രാണനും ആ ഇറക്കുക സാമവും ഇവയെ നമുക്ക് ഇരട്ടകളായിട്ട് എടുക്കാം ജോഡിയായിട്ടെടുക്കാം എന്ന് പറയുന്നു ഇത് പരസ്പരം കൂടിച്ചേരും എന്ത് ശ്രുതി എന്ന് പറയുന്നത് വാഗ്വരുസമേദക്ഷരീതമിഥുനം യദ്വാക് ചാണച്ച സാമ ച ഥുനം ഓമേതസ് അക്ഷര സംസൃത യൈ മിഥുനൗ സമാഗത ആപയത് വൈ തൗ അന്യോന്യസാമ ഷികാരം പറയുന്നു വാക് പ്രാണോ സാമ യോനു വാക് പ്രാണോ വാക്കും പ്രാണനും സാമവും തമ്മിൽ ഒരു ബന്ധമുണ്ട് കാരണം വാക് അതിൽ നിന്നാണല്ലോ ിയം കൊണ്ട് ഇറക്കിന് ഉച്ചരിക്കുന്നു എർക്ക് സ്വയം ശബ്ദാന്ത്മകമാണ് വാക്കും എറക്കും തമ്മിലൊരു കാര്യകാരണ ബന്ധമുണ്ട് അതുപോലെ തന്നെ പ്രാണനും സാമവും സാമ മന്ത്രങ്ങളുടെ ഉച്ചാരണം അതിന് പ്രാണൻ വേണമെന്ന് അപ്പോൾ അതിലും പരസ്പര കാര്യകാരണമുണ്ട് ബന്ധമുണ്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ അങ്ങനെയാണെങ്കിലും ഇത് പരസ്പര രണ്ട് ജോഡികളാണ് പെർക്കിനാശ്രയമായിരിക്കുന്നു വാക്ക് സാമത്തിനാശ്രയമായിരിക്കുന്നു പ്രാണം വാക്കിനെ ആശ്രയിച്ച് പ്രാണനനുസരിച്ച് സാമൂഹം പുറപ്പെടുന്നു ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ഓം അതാണ് പറയുന്നത് ഓം ഇത്യേതൻ അക്ഷര സംസൃജ്യത ൾ ജോഡികൾ ഓം എന്ന് പറയുന്ന അക്ഷരത്തിൽ സംസൃജ്യതീഭവിക്കുന്നു ഓമിനെ ആശ്രയിച്ചിട്ടാണിതെല്ലാം സർവകമാപ്തിഗുണവിശിഷ്ടം മിഥുനം ഓങ്കാരെ സംസൃഷ്ടം സർവകാമാപ്തി ഗുണവിശിഷ്ടം വിധനം ഈ ജോടികൾ സർവകാമത്തെയും പ്രാപിപ്പിക്കുന്നതാണ് എന്തുകൊണ്ട് ഉപാസന കൊണ്ട് സർവകാമങ്ങളിൽ ലഭിക്കുന്നു അത് ഓങ്കാരത്തിൽ ഇരിക്കുന്നു ഓങ്കാരത്തെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഓങ്കാരം എന്താണ് സർവകാമങ്ങളെയും പ്രാപിപ്പിക്കുന്നതാണ് അതാണ് പറഞ്ഞത് ഓങ്കാര ഉപാസന എന്തിനുപാസിക്കണം കർമ്മം ചെയ്യുന്നവനാണ് ഉപാസിക്കുന്നത് അവന് ഉപാസിക്കുന്നത് അവന് കാമനുള്ളതുകൊണ്ടാണ് ഈ ഓങ്കാരത്തിന് സർവ്വ കാമനകളെയും സാധിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള ശേഷിയുണ്ട് ആ ഓങ്കാര ഉപാസനയ്ക്ക് അതാണ് പറഞ്ഞു വരുന്നത് യഥാവ മിഥുനു സമാഗച്ചത് അങ്ങനെ രണ്ടെണ്ണം കൂടി ചേരും അപ്പൊ ജീവന്മാരായിരുന്നു എന്താണ് ആപ്പയത്തോ പയ്യത്തവും അന്യോന്യസിക്കാം പറയുന്നത് ജീവന്മാർ തന്നെ രണ്ടുപേർ കൂടിച്ചേരുമ്പോൾ പരസ്പരം അവർക്ക് ആനന്ദം ഉണ്ടാകുന്നു ലോകത്തിലും അങ്ങനെ കാണും സ്ത്രീ പുരുഷന്മാരിലും മറ്റും അതുപോലെ ഇവിടെ ഇത് സർവകാമങ്ങളെയും സാധിക്കുന്നു ഇതിന്റെ ഉപാസന വാക്കിന്റെയും വെർക്കിന്റെയും പ്രാണന്റെയും സാമത്തിന്റെയും അപ്പൊ ഇതെല്ലാം കൂടിച്ചേർന്നിട്ട് ഇതെല്ലാം കൂടിച്ചേർന്ന് പ്രവർത്തിപ്പിച്ചിട്ട് ആ ഉപാസകന് ആനന്ദത്തെ കൊടുക്കുന്നു എന്ന് താല്പര്യം അതിനുള്ള ശേഷി ഇവയ്ക്കുണ്ട് എന്നാണ് തതേതൻ മിഥുനം ഓമിത്യേത്സ്മിൻ അക്ഷരേ സംസൃജ്യതേ യഥാവൈ മിഥുനു സമാഗച്ചത ോന് വി അക്ഷരം ഉദ്ഗീതം ഉപാസ് പറയുന്നു പറഞ്ഞുള്ള ഉദ്ഘാതാവാണ് ഇത് ചൊല്ലുന്നത് ഉദ്ഗാതാവ് എന്ന് പറയുന്നത് യജമാനൻ കാശ് കൊടുത്ത് ഏർപ്പെടുത്തിയ ആളാണ് അങ്ങനെയുള്ള ആള് ഇത് ചെയ്യുമ്പോൾ ഈ ഉപാസന ചെയ്യുമ്പോൾ വർഷകാരം പറയുന്നു ആ പൈതാഹവനം യജമാന സി ഈ ഉപാസന യജമാനൻ കാമങ്ങളെ സാധിപ്പിക്കുന്നു അതാണ് ആപൈദാഹവമാനഭവതിയ ഏത് ദൈവം വിദ്വാൻ ഏതൊരുവനാണോ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഭാവന ചെയ്തുകൊണ്ട് അക്ഷരം ഉദ്ഗീതം ഉപാസ്തേ ഈ അക്ഷരമായ ഉദ്ഗീതത്തെ ഓമിന് ഉപാസിക്കുന്നത് അക്ഷരമായ ഓമിന് ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ അർത്ഥഭാവനയോടുകൂടി ഈ മന്ത്രത്തെ ചൊല്ലുന്നതാണ് വാസ്തി അങ്ങനെ ചൊല്ലുമ്പോൾ ആ യജമാനും എങ്ങനെയാണ് ലോകത്തിൽ വിധിനങ്ങൾ പരസ്പരം കാമത്തെ സാധിപ്പിക്കുന്നത് അതുപോലെ ഇവയും ഈ മന്ത്രങ്ങളിൽ ചേർന്ന് യജമാനും കാമത്തെ സാധിപ്പിക്കുന്നു ഇഷ്ടത്തെ സാധിക്കുന്നു ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നു वै तद्वा ആപൈത വൈ കാ എം വിദ്വുദ്ഗീതമുപാ तदाह യു एव തമൃദ്ധി യജ്ഞ സമർത്ഥയിതാ ഹൈ കാമാൻ അക്ഷരം അനുജ്ഞാക്ഷരം ഓം എന്ന് പറയുന്നത് വേദത്തിൽ മാത്രമല്ല സർവത്ര ഓം എന്ന് പറയുന്ന അനുജ്ഞാക്ഷരമാണ് അനുജ്ഞാക്ഷരം എന്ന് പറയുമ്പോൾ അനുമതി നൽകുന്ന അക്ഷരം സംസ്കൃതത്തിൽ നമ്മളാകട്ടെ എന്ന് മലയാളത്തിൽ പറയുന്നതിന് പകരം ഓം എന്ന് പറയും ഒരാളൊരു കാര്യം ചോദിക്കുകയാണ് അങ്ങനെ ആയിക്കോട്ടെ ആകാം സമ്മതി അതിനു വേണ്ടിയിട്ടാണ് ഓം ഉപയോഗിക്കുന്നത് അതാണ് ഏത് അനു അക്ഷരം ലോകത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നു യഥിക്ക് അനുജാനാർത്ഥി ഓമിത്യവ തദാഹ അങ്ങനെ സാധാരണ ഒരാൾ ഒരനുജ്ഞ കൊടുക്കുമ്പോൾ സമ്മതി കൊടുക്കുമ്പോൾ ഓമിത്യവെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് അത് ഒരു സമ്മതി അനുമതി സമ്മതം എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷത്തെ പൂർണ്ണതയെ കാണിക്കുകയാണ് അനുമതി ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അരുതെന്ന് പറയും ഇഷ്ടമുണ്ടെങ്കിൽ ആകട്ടെ എന്ന് പറയും അപ്പോൾ രണ്ടും വിപരീതമാണ് അപ്പം അനുമതി കൊടുക്കുന്നോണ്ട് ഇത് സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നതാണ് അനുജനാത്തി ഓമിത്യവ തഥാഹേശോ സമൃദ്ധി ഇതാ ഈ അനു ഞാന്ന് പറയുന്നത് സർവ്വത്ര സമൃദ്ധിയെ കാണിക്കുകയാണ് അതാണല്ലോ സമ്മതം എന്ന് പറയുന്നത് സന്തോഷം ഐശ്വര്യതിനെ കാണിക്കുകയാണ് ഒരാൾ ചോദിക്കണം ഇതെനിക്ക് ലഭിക്കുമോ പറയുന്നു ആകട്ടെ സമൃദ്ധിയെ കാണിക്കുകയാണ് ഇതെനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നു ആകട്ടെ കൊടുത്തിട്ട് പറയുന്നു ആകട്ടെ ഇതിരിക്കട്ടെ സർവ്വത്ര അത് സമൃദ്ധിയെ കാണിക്കുകയാണ് ഓം സമ്മതവാചകമാണ് സമ്മതി കാണിക്കുകയാണ് അതുകൊണ്ട് എന്താണ് ഇത് ഈ അനുജ്ഞാച ഇത് സമൃദ്ധിയാണ് അതാണ് സമൃദ്ധിജ്ഞ സമൃദ്ധിർ യദലിജ്ഞ സമൃദ്ധയിതാ ഹവൈ കാമാനം അതുകൊണ്ടിത് സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് സമൃദ്ധിയാണ് എന്റെ ഫലം എന്ന് അറിഞ്ഞുകൊണ്ട് ഭാവന ചെയ്യുന്നു ഓമിനെ സമൃദ്ധിയർത്ഥമായിട്ട് ഭാവന ചെയ്യുന്നു ഇത് സമൃദ്ധി ഗുണമുള്ളതാണെന്ന് ഭാവന ചെയ്യുന്നു അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അവനെന്ത് ചെയ്യുന്നു സമൃദ്ധയിത അവതി ആയജമാനന്റെ സർവകാമങ്ങളെയും അവൻ പൂർത്തിയാക്കുന്നു ഏദദേവൻ വിദ്വാൻ അക്ഷരം ഉദ്ഗീതം ഉപാസ ചെയ്യും അപ്പോൾ ഈ അർത്ഥത്തെ ധരിച്ചുകൊണ്ട് അറിയുന്നവനായി ഓം സമൃദ്ധി ഗുണമുള്ളതാണോ സമൃദ്ധിയെ നൽകുന്നതാണ് എന്ന് കരുതി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ഭാവനയ്ക്കനുസരിച്ച് ഫലം സോമയാകവും മറ്റും സ്വർഗത്തി പോകാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പൊ അതിനോട് അനുബന്ധമായി വരുന്ന ഉപാസനകളെല്ലാം അതിനെ സഹായിക്കുന്ന അവിടെയാണ് ഈ ഓംകാർ ഉപാസന വരുന്നത് ഓമിനെ തന്നെ പരമാത്മപ്രാപ്തിക്ക് വേണ്ടി ആശ്രയിക്കും പക്ഷെ ഇവിടെ അതല്ല ഐശ്വര്യത്തിന് വേണ്ടി ഓമിനെ ആശ്രയിക്കും അതാണ് സർവത്രവും ഉപാസിക്കണം ഉപയോഗിക്കണമെന്ന് പറയുന്നത് സാധാരണ കർമ്മങ്ങളെല്ലാം ഐശ്വര്യത്തെ ഉദ്ദേശിച്ചുള്ള കർമ്മങ്ങളെല്ലാം ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് സ്വയം അത് സമൃദ്ധിയെ ബോധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഏതൊരുവനാണോ വിദ്വാൻ ഇതറിഞ്ഞുകൊണ്ട് സമൃദ്ധി അർത്ഥത്തെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഉദ്ഗീത ഉപാസി ഈ ഓമിനെ ഉപാസിക്കുന്നത് അവന് യജമാനന്റെ സർവകങ്ങളെയും സാധിച്ചു കൊടുക്കുന്നു ഓമൃദ്ധി സമർദ്ധയിഹ് കാമാവതി എതേവേം വിദ് അക്ഷരം ഗീതമുസ് തന്നീ വിദ്യ വർത്തേ ഓമ്രാവയതി ഓമസതി ഓമീസൈ അക്ഷര അപചിത്യ മഹിംനാരസേന അഭിചിത്യ മഹിമന രസേന വീണ്ടും ഈ അക്ഷരത്തെ സ്തുതിക്കുക തേനയും വിദ്യ വർത്തതേ ഈ അക്ഷരം കൊണ്ടാണ് ഈ മരൂപത്തിലുള്ള ഈ വിദ്യ പ്രവർത്തിക്കുന്ന ഇതുകൊണ്ടാണോ അവിടെ പറയുന്നു അക്ഷരം സ്തവതി ഉപാസ്യത്വ പ്രചരോധത്തെ നടത്തും അക്ഷരമാണ് ഇവിടെ ഉപാസ്യമായിരിക്കുന്നത് അതിനാണ് ഉപാസിക്കേണ്ടത് ഉപാസകന് അതിൽ താല്പര്യം ഉണ്ടാകുന്നതിന് വേണ്ടി അതിനെ ശ്രദ്ധിക്കേണ്ടത് ഫലമുള്ളതാണ് അതിൻ്റെ ഫലത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഉപാസകന് താല്പര്യം ഉണ്ടാകും അല്ലെങ്കിൽ ആരോപാസിക്കുന്നു അപ്പോൾ ഇതുകൊണ്ടാണ് തേനക്ഷരേന പ്രകൃതിന് ഇഗ്വേദാദിരക്ഷണ ത്രീ വിദ്യ ഇതുകൊണ്ടാണ് ഈ കർമ്മങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഈ ഓങ്കാരത്തെ ആശ്രയിച്ചിട്ടാണ് കാരണം ഓങ്കാരമില്ലാതെ ഒരു കർമ്മവും സാധ്യമല്ല ഓമിത്യാശ്രാവതി ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് അദ്ധര്യൂ ആശ്രമം ആശ്രമം എന്ന് പറയുന്നത് മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തെയാണ് സോമയാവം ഓമിത്യുദ്ഗായതി അതുപോലെ മന്ത്രം ഉച്ചരിക്കുന്നതിനാണ് ഉദ്ഗാനം എന്ന് പറയുന്നത് ഓം ഇത് ശംസതി ശംസ ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം ആശ്രമ മന്ത്രം ശംസന എന്ന മന്ത്രം ഇത്തരം മന്ത്രങ്ങള് ഓരോ യുദ്ധികളെ പ്രത്യേകം പ്രത്യേകം ജോലിയാണ് മന്ത്രം ചൊല്ലണോ ഇന്നാരെ ചൊല്ലണോ അവരെല്ലാവരും എന്ത് ചെയ്യുന്നു ആ മന്ത്രം ചൊല്ലുമ്പോൾ ഓം എന്ന് പറഞ്ഞ് ചൊല്ലുന്നു ഓം ഈ മൂന്ന് കൂട്ടർക്കും ആവശ്യമാണ് ആശ്രാവണം ചെയ്യുന്ന അധരുവിന് ശംസനം ചെയ്യുന്ന ആളിന് ഉദ്ഗാനം ചെയ്യുന്ന ആൾ എല്ലാവർക്കും ആവശ്യമാണ് ഉദ്ഗായതി ഏതസവ അക്ഷര അപചിത്തി മഹിമനാരസേന ഇതുകൊണ്ടാണ് സർവ്വകർമ്മങ്ങളും നിർവഹിക്കപ്പെടുന്നത് അപചിത്തി അപചിത്തി അപചിത്തി എന്നിട്ട് പൂജ ഈ കർമ്മം ഈ അക്ഷരത്തിന്റെ പൂജയ്ക്ക് വേണ്ടിയാണോ ഈ സോമയാകം അതിന് ഫലവും മറ്റും പറയുന്നുണ്ട് സ്വർഗവും മറ്റും പക്ഷെ വാസ്തവത്തിൽ ഈ അക്ഷരത്തിന്റെ ഓം എന്ന അക്ഷരത്തിന്റെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മം എന്തുകൊണ്ട് പരമാത്മ പ്രതീകം തദ്ഷികാരം പറയുന്നത് പരമാത്മ പ്രതീകമാണ് തത് അപചിതി പരമാത്മനെവസ ആ പൂജ എന്ന് പറയുന്നത് പരമാത്മപൂജയാണ് സ്വകർമ്മണാത്തമഭ്യർച്ച സിദ്ധി മിന്ദരി പറയുന്നുണ്ട് മാത്രല്ല മഹിമന രസേന ഇഞ്ച് ഏദസൈവ അക്ഷരസി മഹിമന മഹത്വേന യജമാനാദിപ്രാണൈഹി ഈ അക്ഷരത്തിന്റെ മഹത്വം കൊണ്ടാണ് യജമാനാദികൾ അവരുടെ കർമ്മത്തെ നിർവഹിക്കുന്നത് അതുപോലെ ഈ ഏദസൈവ അക്ഷരസി രസേന വ്രീഹി വാദി രസ നിവൃത്തേന രസേന ഈ അക്ഷരത്തിന്റെ മഹിമ കൊണ്ടാണ് മഹത്വം കൊണ്ടാണ് ആ മഹത്വം എന്താണ് പറഞ്ഞത് ഇർത്തിക് യജമാനാദിപ്രാണൈഹി ഈ കർമ്മം നിർവഹിക്കുന്നത് ഇറത്തിക് യജമാനാദികൾ ഇതുകൊണ്ടാണ് അവിടുത്തെ ആ മഹിമാന്ന് പറയുന്നത് പ്രാണനെയാണ് പറയുന്നത് പറയുന്നത് ഇറത്തിക് യജമാനം തുടങ്ങിയവരുടെ പ്രാണരൂപത്തിലുള്ള മഹത്വം അതിലൂടെയാണ് ഈ കർമ്മം നിർവഹിക്കപ്പെടുന്നത് അതുപോലെ തന്നെ വ്രീഹിയവാദി രസം അതിൽ നിന്നാണല്ലോ ഹവിസ് ഉണ്ടാക്കുന്നു ആ ഹവിസിൽ നിന്നാണ് ഈ കർമ്മങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഏതശീവ ഈ അക്ഷരത്തിന്റെ പൂജയ്ക്ക് വേണ്ടി മഹിംന പ്രാണരൂപത്തിലുള്ള മഹിമ കൊണ്ട് കർമ്മം നിർവഹിക്കപ്പെടുന്നു രസേന ഹവിസ് രസം കൊണ്ട് കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നു ഈ കർമ്മങ്ങളെല്ലാം ഈ അക്ഷരത്തിന്റെ പൂജയ്ക്ക് വേണ്ടിയാണ് ഏത് ഓമിന്റെ എന്തുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു പരമാത്മ പ്രതീകം ഭീത്ത അത് പരമാത്മാവിന്റെ പ്രതീകമാണ് അപ്പോൾ അതിന്റെ മഹത്വത്തിൽ പറയുകയാണ് ഈ ത്രീ വിദ്യ ഇതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു ഏജുസ്താമ രൂപത്തിലുള്ള ഈ വേദം ആ വേദഭീതമായ കർമ്മങ്ങളെല്ലാം ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നു ഇതിനെ തന്നെയാണ് ഓം എന്ന് പറഞ്ഞ് ആശ്രമണം ശംസനം ഉദ്ഘാനമെല്ലാം ചെയ്യുന്നത് ഈ അക്ഷരത്തിൻ്റെ ഓമിന്റെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എങ്ങനെ മഹിമന രസേന അവിടുത്തെ യജമാനം തുടങ്ങിയവരുടെ പ്രാണരൂപത്തിൽ ആ പ്രാണന്മാരെ കൊണ്ടാണ് പൂജ നിർവഹിക്കുന്നത് ഭവിസ്യുണ്ട് പൂജ നിർവഹിക്കുന്നത് എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ആ നിർത്തിക്കുകൾ പറയുന്നതാണ് ആ ചെയ്ത കർമ്മങ്ങളെല്ലാം സ്മരിച്ചുകൊണ്ട് വിദ്യാവർദ്ധത ഓ മിത്യാശ്രാവേദി ഓ മിതിശംസതി ൈവാദ്യ <Omidvayadhi>, ച ശ്രദ്ധയാഷത്തീതി എന്ന് പറഞ്ഞ് തുടങ്ങി ഉപവ്യാഖ്യാനം അതിന് വിശദീകരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ഉപാസിച്ചു അതാണ് ഇവിടെ അവസാനം പറയുന്നത് ഇതാണതിന്റെ വിശദീകരണം നേരത്തെ പറഞ്ഞ വിശദീകരണം അതാണ് എന്താണ് തേന ഉഭരം വേദ യെ അതായത് ഇത് കർമ്മം രണ്ടു കൂട്ടരും ചെയ്യുന്നു ഉപാസനയെ അറിയാവുന്നവനും ഉപാസന ഇല്ലാതെയും രണ്ടു രീതിയിലും ചെയ്യാം അതുകൊണ്ടാണ് കർമ്മവും ഉപാസനയും തമ്മിൽ സംശയമുണ്ടെന്ന് പറയുന്നത് കർമ്മത്തിന്റെ ഭാഗമാണ് ഉപാസനയെങ്കിലും ഉപാസന കൂടാതെ കർമ്മം ചെയ്യും അനുഭാഷ്യകാരൻ പറയും ഇനി മുമ്പോട്ട് വരുമ്പോൾ പറയും ഉഷസ്തിയുടെ ദൃഷ്ടാന്തം പറയും അവിടെ കർമ്മം ചെയ്യുന്ന വൃത്തിക്കുകളോട് പോയി ചോദിക്കും നിങ്ങൾ കർമ്മം ചെയ്യുന്നു പക്ഷെ നിങ്ങൾക്ക് കർമ്മത്തോടുള്ള ഉപാസന അറിയാമോ ഒരുപാട് അറിയത്തില്ല ആ അറിയാതിരുന്നാൽ അത് ദോഷമാണ് പറഞ്ഞു വീണ് ചെയ്യാം അതിൻ്റെ ഉപാസന എന്നതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് ഇനി വരും ശാന്ത എന്നിട്ട് പറയുന്നത് എന്താണോ ആ ഉപാസന കൂടാതെയും ചെയ്യാം ഉപാസനയോടുകൂടിയും കർമ്മം ചെയ്യാം രണ്ടിനും ഫലം വേണം വേറെ വേറെയാണ് അങ്ങനെ തേനും ഉപവപ്പുരുത്തേത് ദൈവം വേദ യച്ഛന വേദ ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നത് ഇനി ഉപാസിക്കാത്തവർ രണ്ടുപേരും കർമ്മം ചെയ്യും എന്നാൽ ഉപാസനയുടെ ഫലത്തെ പ്രത്യേകം പറയുന്നു അതാണ് ഇവിടെ പറയുന്നത് യശ്ചർമ്മം മാത്രമേ അക്ഷര യാഥാർമ്യം നവേദ അക്ഷര ഉപാസന അറിയാതെ കർമ്മം മാത്രം ചെയ്യുന്നത് പുതുത രണ്ടുപേരും ചെയ്യുന്നു അതുകൊണ്ട് പറയുന്നു വിദ്യാച വിദ്യാച രണ്ടുമുണ്ട് വിദ്യ എന്ന് പറയും ഉപാസന അവിദ്യ എന്ന് വെച്ചാൽ കർമ്മം രണ്ടും ഉണ്ട് വേദത്തിൽ രണ്ടും നിർദ്ദേശിക്കുന്നു നാനാതു വിദ്യാച്ച വിദ്യാച്ച വിദ്യയും അവിദ്യയും പല പ്രകാരത്തിനാണ് എന്നുവെച്ചാൽ രണ്ടിനും ഭിന്ന ഫലങ്ങളാണ് യോഗ വിദ്യയാ കരോ ശ്രദ്ധയാ ഉപനിഷത്തീര്യവത്തരം എതോ വിദ്യയാ വിദ്യ വിജ്ഞാന വിജ്ഞാനോപാസന പക്ഷകാരം പറയുന്നു യുക്തിഹസൻ കരോതി ശ്രദ്ധയാ വിദ്യയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ചെയ്യണം ഇത് പറയുന്നത് കർമ്മത്തെക്കുറിച്ചാണ് വൈദിക കർമ്മത്തെ കുറിച്ചാണ് വിദ്യയിലെ സാധാരണ പല ലൗകിക കർമ്മങ്ങളെക്കുറിച്ചും ഇത് പറയാനും ഉപയോഗിക്കാറുണ്ട് വിജ്ഞാനേന ഇവിടെ എന്ന് പറയുന്നു ഭക്ഷ്യകാരനങ്ങനെ വ്യാഖ്യാനിക്കുന്നു ആധുനിക വ്യഖ്യാതാക്കൾ പലരും ഇതിനെ പലയിടത്തും ഉദ്ധരിക്കാറുണ്ട് എന്താണോ യഥൈവ വിദ്യാകരതി ശ്രദ്ധേയ ഉപനിഷതീര് കർമ്മത്തിന്റെ സാധാരണ ലൌകിക കർമ്മങ്ങളുടെ വിശേഷതകളെ കാണിക്കാൻ വേണ്ടി പറയും അവിടെ പറയും യദൈവ വിദ്യാകരവതി എന്ന് വെച്ചാൽ അറിവോടുകൂടി ചെയ്യുന്നത് ശ്രദ്ധയാ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് ഉപനിഷത ഉപനിഷത്തിനൂടെ ഭാഷ്യകാരം പറയുന്നത് യോഗേന യുക്ത യോഗയുക്തനായി ചെയ്യുന്നത് എന്ന് പറയും ആ യോഗയുക്തൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗീതയിലൊക്കെ വന്ന യോഗയുക്തനെ യോഗയുക്ത പ്രസന്നെല്ലാം പറഞ്ഞ യോഗയുക്തനെടുക്കാം വ്യാഖ്യാനത്തിലൂടെ യോഗ ശബ്ദത്തിന് ആനന്ദഗിരി അർത്ഥം പറയുന്നത് ദേവത ഉപാസന അർത്ഥം പറയുന്നുണ്ട് അല്ലെങ്കിൽ യോഗമെന്ന് പക്ഷികാരം പറഞ്ഞ യോഗത്തിന് യോഗമെന്നുള്ള അർത്ഥം തന്നെയാണ് യോഗത്തിൽ കർമ്മത്തിൽ വരേണ്ട എല്ലാ യോഗ്യതകളും അവിടെ വരും ഈ മൂന്ന് കാര്യങ്ങളൊന്ന് വിജ്ഞാനേനാണ് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിവിടെ കർമ്മപ്രകടനമായിട്ട് ഉപാസന ചില ശ്രദ്ധ അതുകൊണ്ട് യോഗത്തിന് ചില ഏകാഗ്രത എന്നർത്ഥം പറയുന്നു അത് യോഗിക്കുന്നതാണ് കാരണം വിജ്ഞാനം എന്നുള്ളത് കൊണ്ട് ഉപാസന പറഞ്ഞു വിജ്ഞാനേ അതുകൊണ്ട് യോഗമെന്നുള്ളതിന് വീണ്ടും ഉപാസന എന്നുള്ള അർത്ഥം എടുക്കേണ്ട കാര്യമുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ വിദ്യയിലൂടെ വിദ്യ കൊണ്ട് ഉപാസന കൊണ്ട് ശ്രദ്ധ കൊണ്ട് യോഗം കൊണ്ട് യോഗയുക്തനായി ചെയ്തു കഴിഞ്ഞാൽ തദൈവ വീര്യവത്തരം ഭോതി വീര്യവത്തരം എന്ന് വെച്ചാൽ കർമ്മണോ അധികഫലം ഭവതി അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് കർമ്മം വിദ്യയോടുകൂടിയും ചെയ്യാം വിദ്യ ഇല്ലാതെയും ചെയ്യാം എന്നുവെച്ചാൽ ഉപാസനയോടുകൂടിയും ചെയ്യാം ഉപാസന ഇല്ലാതെയും ചെയ്യാം രണ്ടും കർമ്മം തന്നെ പക്ഷേ ഉപാസനയോടുകൂടി ചെയ്താൽ വിദ്യയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം കൂടുതലാണ് ഏതിനപേക്ഷിച്ച് ഉപാസന ഇല്ലാതെ ചെയ്യുന്നവന്റെ കർമ്മത്തെപേക്ഷി അവിദ്യുത് കർമ്മം അവിദ്യുത് കർമ്മം എന്ന് വെച്ചാൽ ഉപാസന ഈ പ്രകടനങ്ങളെല്ലാം വിദ്വാൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഉപാസകൻ എന്നാണ് അല്ല അറിവുള്ളവൻ എന്നുള്ള അർത്ഥത്തിലല്ല സാധാരണ അർത്ഥത്തിൽ വിദ്വാൻ ഉപാസകൻ എന്തുകൊണ്ട് വിദ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപാസന ഈ പ്രകടനത്തിൽ സർവത്ര അതാണ് വിദ്യ അറിയാവുന്നവനല്ല ഏതെങ്കിലും അറിവുള്ളവനല്ല ഇവിടെ വിദ്വാനെന്ന് പറയുന്നത് അതുകൊണ്ട് ഏതെവ വിദ്യാ കരൂതി ഉപാസനയോടുകൂടി ചെയ്യുന്നത് സാധാരണ ഇതിന് ലൗകിക കർമ്മങ്ങൾക്ക് പറയുമ്പോൾ ആ വിദ്യ അതിന് പലതരത്തിലും ആ കർമ്മത്തെക്കുറിച്ചുള്ള ശരിയായ ഭാവന ആ ഭാവനയോടുകൂടി ചെയ്യുന്നത് കർമ്മത്തെക്കുറിച്ചുള്ള ശരിയായ വിവേകം ബോധം അതോടുകൂടി ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും കാരണം ഇത് പലയിടത്തും പരാമർശിക്കുന്നതാണ് ഈ മന്ത്രഭാഗം വിദ്യാഗ്രോധി ശ്രദ്ധയ ഉപനിഷം അവിടെയൊക്കെ യുക്തി യുക്തം പോലെ ഇത് വ്യാഖ്യാനിക്കും ഇവിടെ കർമ്മത്തിന്റെയും ഉപാസനയുടെയും പ്രകടനമായതുകൊണ്ട് ഭാഷകാരൻ ഇങ്ങനെ വ്യാഖ്യാനിക്കും ശ്രദ്ധ ഏത് കർമ്മത്തിനും ആവശ്യമാണ് ഉപനിഷത്തിനാണ് ഇവിടെ ഭാഷകാരൻ യോഗമെന്ന് അർത്ഥം പറഞ്ഞു യോഗയാണ് യുക്ത തതീവ വീര്യവത്തരം ഭോതി ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിന് ശരിയായ ഫലം ഉണ്ടാകും അതുകൊണ്ടിത് ലൗകിക കർമ്മത്തിന് യോജിപ്പിക്കുന്നതിനും തെറ്റില്ല അഹ് ദീതിഖലും ഏത് സൈവ അക്ഷര സി ഉപ വ്യാഖ്യാനം അതാണ് ഈ അക്ഷരത്തിന്റെ വിശദീകരണം ഇതുവരെ പറഞ്ഞത് പ്രഥമഖണ്ഡത്തിൽ ഇതുവരെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഈ ഓം എന്ന ഈ അക്ഷരം ഇതിന്റെ ഉപാസന കർമ്മത്തോട് ചേർന്ന് വേണം അതും എങ്ങനെയാണ് ഉദ്ഗീത മന്ത്രങ്ങളുടെ ഭാഗമായിരിക്കുന്ന ആ ഓമിന്റെ ഉപാസന അത് ചെയ്തു കഴിഞ്ഞാൽ ഫലം അധികമായിരിക്കും ആ കർമ്മം വീര്യവത്താവും അതിന് പൂർണമായ ഫലം കിട്ടും അതാണ് കർമ്മത്തോടുപാസനയെ സംശയിക്കുന്നത് യവ വിദ്യോതി ശ്രദ്ധയാഷദ തീര്യവത്തരം എതവ്യനം